നാവിൻ്റെ നിയന്ത്രണം നമ്മുടെ നാവിൻ്റെ നിയന്ത്രണവും കേടക്കലുമാണ് ഏറ്റവും വലിയ അത്യാവശ്യം നാവിനെ ചലിപ്പിക്കുന്നത് ഹൃദയമാണ് ഹൃദയത്തിൽ നിറയുന്നതാണ് നാവിലൂടെ പുറത്തേക്ക് വരുന്നത് മറിച്ച് വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നും നാവിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അവ ഹൃദയത്തിൽ ശക്തവും രൂഢമൂലവും ആകുന്നു അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ആന്തരികാവസ്ഥകൾ പണിതുയർത്തുന്നതിൽ ധാനമായ ഒരു ഘടകമാണ് നല്ല വികാരങ്ങൾ നിശബ്ദമായിരിക്കും വാക്കുകളിലുള്ള പ്രകടനം ആഗ്രഹിക്കുന്ന വികാരങ്ങൾ മിക്കവാറും സ്വയം പ്രശംസിക്കുന്നവയാകും കാരണം നമ്മുടെ സ്വാർത്ഥസ്നേഹം സ്തുതിയാണ് കുതിക്കുന്നത് നാം സ്വന്തം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മെ നാം ആഗ്രഹിക്കുന്നതുപോലെ ഏറ്റവും മികച്ച പ്രകാശത്തിൽ കാണിക്കുന്നതുമാണ് സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഏറെ അറിയാമെന്നും നമ്മുടെ അഭിപ്രായമാണ് ഏറ്റവും മികച്ചതെന്നും നമ്മെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരുതരം വ്യർത്ഥാഭിമാനത്തിൽ നിന്നാണ് വീമ്പു പറച്ചിൽ ഉയർന്നു വരുന്നത് അതുകൊണ്ട് ഒരു വാക്കുകളിലൂടെ നിരവധിയായ ആവർത്തനത്തിലൂടെയും നമ്മുടെ ഒരഭിപ്രായം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിന് ിക്കുന്നു മറ്റുള്ളവരുടെ ക്ഷണിക്കപ്പെടാത്ത ഗുരുവായി നാം സ്വയം കെട്ടിയേൽപ്പിക്കുന്നു പലപ്പോഴും ഗുരുവിനേക്കാൾ കൂടുതൽ വിഷയം അറിയുന്നവനെ പോലെ മനുഷ്യരെ ശിക്ഷരാക്കാൻ ആഗ്രഹിക്കുന്നു അപ്രകാരം സംസാരിക്കാനുള്ള അടക്കാനാവാത്ത ദാഹം നാം പലപ്പോഴും അനുഭവിക്കുന്നു ഇപ്പറയുന്നത് സംസാരത്തിൻ്റെ വിഷയങ്ങൾ ഏറെക്കുറെ ശ്രദ്ധിക്കാൻ യോഗ്യതയുള്ളതെന്ന് സ്വയം തോന്നുമ്പോഴാണ് എന്നാൽ മിക്കപ്പോഴും വീമ്പിളക്കൽ വ്യർത്ഥഭാഷണത്തിൻ്റെ പര്യായപദമാണ് അപ്പോൾ ഈ വൃത്തിഘട്ട ശീലം ഉണ്ടാക്കുന്ന നിരവധിയായ തിന്മകളെക്കുറിച്ച് വിവരിക്കാൻ വാക്കുകളില്ല പൊതുവെ പറഞ്ഞാൽ വീമ്പിളക്കൽ ആത്മാവിൻ്റെ വാതിലുകൾ തുറക്കുകയും ഹൃദയത്തിൻ്റെ ഭക്തി നിറഞ്ഞ ഊഷ്മളത ആ വാതിൽ വഴി വളരെ പെട്ടെന്ന് പുറത്തുപോവുകയും ചെയ്യുന്നു വ്യർത്ഥാഷണവും അതുതന്നെയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ അതിലും അപ്പുറമാണ് ചെയ്യുന്നത് വീമ്പിളക്കൽ ഹൃദയത്തിൻ്റെ സുരക്ഷിതത്വം കളയും ഒരു വ്യക്തിയുടെ ജാഗ്രത ഇല്ലാതാക്കുന്നു അപ്പോൾ സാധാരണയായുള്ള ആസക്തി നിറഞ്ഞ താൽപര്യങ്ങളും അഭിലാഷങ്ങളും ഹൃദയത്തിൽ നുഴഞ്ഞുകയറുകയായി അങ്ങനെ അവസാനം വ്യർത്ഥാഷണം വഴി ആസക്തികൾക്ക് ഹൃദയത്തിൽ പ്രവേശിക്കുന്നതിന് അനുമതി ലഭിക്കുന്നു മാത്രമല്ല ആസക്തിയുടെ പ്രവൃത്തികൾ ചെയ്യിക്കാൻ തീരുമാനിപ്പിക്കുന്നതിൽ കൂടി വ്യർത്ഥാഷണം വിജയിക്കുന്നു കുറ്റം പരദൂഷണം സംഘർഷങ്ങളുടെയും വിവാദങ്ങളുടെയും വിധക്കാരായ ഊഹാപോഹങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവയുടെ പ്രചാരണം തുടങ്ങിയവ വ്യർത്ഥാഷണത്തിൻ്റെ വാതിലുകളാണ് മാനസികാധ്വാനത്തിനുള്ള താൽപ്പര്യത്തെ ഇത് ശ്വാസം മുട്ടിക്കുന്നു ഒപ്പം യഥാർത്ഥ അറിവില്ലായ്മ ഒളിച്ചു വയ്ക്കുന്നതിനുള്ള പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചികമായ സംസാരം അവസാനിക്കുമ്പോൾ സ്വയം സംതൃപ്തിയുടെ പുക ഉയരുന്നു അത് എപ്പോഴും തന്നെ നിരാശയുടെയും നിരുത്സാഹത്തിൻ്റെയും വികാരമാണ് പകരുന്നത് അതുതന്നെ നാം അറിയാതെ നമ്മുടെ ആത്മാവ് കവർച്ച ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ അയാളമല്ലേ വീമ്പിളക്കുന്ന വ്യക്തിക്ക് ഉപദ്രവകരവും പാപകരവും തിന്മയുമായ എന്തെങ്കിലും പറയാതിരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക വളരെ ക്ലേശകരമാണ് അത് വ്യക്തമാക്കാൻ യാക്കോബ് സ്ലിഹ പറഞ്ഞത് നാവിനെ അതിൻ്റെ പരിധിക്കുള്ളിൽ നിർത്താനാവുന്നത് പരിപൂർണതയുടെ അടയാളമാണെന്നാണ് സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് സാധിക്കും യാക്കോവ് മൂന്ന് രണ്ട് ് അതിൻ്റെ സന്തോഷത്തിനു വേണ്ടി മാത്രം സംസാരിച്ചു തുടങ്ങുമ്പോൾ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ അത് പായുന്നു നല്ലതും നല്ലതെന്ന് തോന്നിപ്പിക്കുന്നതും മാത്രമല്ല ചീത്തയും ഉപദ്രവകരമായവയും അറിയാതെ വിളിച്ചു പറയുന്നു അതുകൊണ്ടാണ് സ്ലേഹ ഇതിനെ അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമായി യാക്കോവ് മൂന്ന് എട്ടിൽ ചിത്രീകരിക്കുന്നത് യാക്കോബ് സ്ലിഹായ്ക്ക് വളരെക്കാലം മുമ്പ് സോളമനും പറഞ്ഞു വാക്കുകൾ ഏറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു സുഭാഷിതങ്ങൾ പത്ത് പത്തൊൻപത് പൊതുവെ പറഞ്ഞാൽ സഭാപ്രസംഗകൻ പഠിപ്പിക്കുന്നതുപോലെ വീമ്പുളക്കുന്ന മനുഷ്യൻ തൻ്റെ വിഡിത്തരമാണ് പ്രകടമാക്കുന്നത് ഘോഷനാണ് അതിഭാഷണം ചെയ്യുന്നത് സഭാപ്രഭാഷകൻ പത്ത് പതിനാല് എന്നതാണ് പ്രമാണം നല്ല ഹൃദയത്തോടെ നിങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരാളുമായുള്ള സംസാരം നീട്ടിക്കൊണ്ടുപോകരുത് അതവനെ മടുപ്പിക്കും തള്ളിക്കേറി സംസാരിക്കുന്നവൻ വെറുക്കപ്പെടും പ്രഭാഷകൻ ഇരുപത്തിയെട്ട് എന്നെഴുതപ്പെട്ടിരിക്കുന്നതുപോലെ നിങ്ങളെ വെറുക്കാനും ഇടയുണ്ട് കർക്കശമായും മറ്റുള്ളവരെക്കാൾ കേമനെന്നാ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തെന്നാൽ രണ്ടും വളരെ എതിർപ്പുണ്ടാക്കുന്നവയാണ് നിങ്ങൾ വലിയ പൊങ്ങച്ചക്കാരനാണെന്നും വലിയ ആളാണെന്ന് സ്വയം കരുതുന്നവനുമാണെന്ന് ജനം സംശയിക്കാനും സാധ്യതയുണ്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ഒരിക്കലും സംസാരിക്കരുത് പറയേണ്ടി വരികയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രം പറയുക മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് ഏറെ സംസാരിക്കുന്നത് കാണുമ്പോൾ അവരുടെ വാക്കുകൾ വിനയാന്യുതവും സ്വയം വിമർശനപരവുമാണെങ്കിൽ കൂടി അവരെ അനുകരിക്കില്ലെന്ന് സ്വയം തീരുമാനിക്കുക നിങ്ങളുടെ അയൽക്കാരനെയും അയാളുടെ പ്രശ്നങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ വിസമ്മതിക്കരുത് എങ്കിലും അത് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ കൂടി പരമാവധി ഹ്രസ്വമാക്കണം സംസാരിക്കുമ്പോൾ വിശുദ്ധ തലസിയൂസിൻ്റെ കൽപ്പന ഓർമ്മിക്കാനും പാലിക്കാനും ശ്രമിക്കുക അദ്ദേഹം പറയുന്നു മറ്റുള്ളവരുമായുള്ള സംഭാഷണത്തിലെ അഞ്ചു സമീപനങ്ങളിൽ മൂന്നെണ്ണം വിവേചനത്തോടെയും എന്നാൽ ഭീതിരഹിതമായും ഉപയോഗിക്കുക നാലാമത്തേത് വല്ലപ്പോഴും ഉപയോഗിക്കുക അഞ്ചാമത്തേത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക തിലോക്കാലിയ ഒന്നാം നൂറ്റാണ്ട് അറുപത്തിയൊൻപത് ആദ്യത്തെ മൂന്നെണ്ണത്തെ ഒരു ഗ്രന്ഥകാരൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതെ അല്ല തീർച്ചയായും അല്ലെങ്കിൽ അത് വ്യക്തം എന്നാണ് നാലാമത്തേതാകട്ടെ സംശയമുള്ളവയെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അഞ്ചാമത്തേത് പൂർണമായും അറിയാത്തത് എന്നുമാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സത്യമെന്നോ തെറ്റെന്നോ നിങ്ങൾക്ക് തീർച്ചയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്വയം വ്യക്തമായ വിഷയത്തിൽ അവ സത്യമാണെന്നോ തെറ്റാണെന്നോ വ്യക്തമാണെന്നോ ബോധ്യത്തോടെ പറയുക സംശയമുള്ളവയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ അതേക്കുറിച്ച് പറയുക അത്യാവശ്യമായി വന്നാൽ തനിക്കും സംശയമുണ്ടെന്ന് വ്യക്തമാക്കി തീർപ്പ് പറയാതിരിക്കുക നിങ്ങൾക്ക് ഒന്നും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കുക നമുക്ക് അഞ്ച് രൂപങ്ങളോ അഥവാ സംസാര ഉണ്ടെന്ന് മറ്റൊരാൾ പറയുന്നു ഒന്ന് ആഹ്വാനരീതി ഇവിടെ നാം ഒരാളെ വിളിക്കുന്ന രീതിയിലാണ് സംഭാഷണം രണ്ട് അടുത്തത് ചോദ്യ രീതിയാണ് ഇവിടെ നാം ചോദ്യങ്ങൾ ചോദിക്കുന്നു മൂന്ന് അഭിലഷിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതി ഇവിടെ നാം അഭിലഷിക്കുന്നു അഥവാ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു നാല് നിർവചന രീതി ഇവിടെ നാം ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം പറയുന്നു അഞ്ച് കൽപ്പന രീതി ഇവിടെ യജമാനഭാവത്തോടെയും ധികാര ഭാവത്തോടെയും ഒരു കൽപ്പന കൊടുക്കുന്നു ഇവയിൽ ആദ്യത്തെ മൂന്ന് രീതികൾ സ്വതന്ത്രമായി ഉപയോഗിക്കുക നാലാമത്തേത് വല്ലപ്പോഴും മാത്രം അഞ്ചാമത്തേത് ഒരിക്കലും അരുത് ദൈവത്തെക്കുറിച്ച് വിശിഷ്യ അവിടുത്തെ സ്നേഹത്തെക്കുറിച്ചും നന്മയെപ്പറ്റിയും ആദരവോടെ സംസാരിക്കുക അതേസമയം കേൾവിക്കാരുടെ നിർമ്മല ഹൃദയത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിധം അവിടത്തെക്കുറിച്ച് അബദ്ധം പറഞ്ഞു പോകാതിരിക്കാൻ ഭയത്തോടെയും സംസാരിക്കുക അതുകൊണ്ട് ഇതേക്കുറിച്ച് മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ കൂടുതൽ താൽപ്പര്യം കാണിക്കുക അവരുടെ വാക്കുകളെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആന്തരിക നിധിക്കലവറയിൽ ശേഖരിച്ചു വയ്ക്കുക സംസാരം മറ്റുള്ളവയെക്കുറിച്ചാവുമ്പോൾ ശബ്ദത്തിൻ്റെ മുഴക്കം മാത്രം നിങ്ങളുടെ കാതിൽ കടക്കട്ടെ ചിന്ത നിങ്ങളുടെ മനസ്സിൽ കടക്കാതെ ദൈവത്തിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കണം പ്രാസംഗികൻ പറയുന്നത് മനസ്സിലാക്കുന്നതിനും ശരിയായ ഉത്തരം പറയുന്നതിനും പ്രാസംഗികനെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായി വന്നാലും ശ്രദ്ധ എപ്പോഴും ദൈവത്തിലായിരിക്കണം കേൾക്കുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും നടുവിലും നിങ്ങളുടെ മനസ്സിൻ്റെ കണ്ണുകൾ ദൈവമായിരിക്കുന്ന അത്യുന്നതങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കണം അവിടുത്തെ മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് അവിടുത്തെ നോട്ടം ഒരിക്കലും നിങ്ങളിൽ നിന്നും മറയുകയില്ലെന്നും ഓർക്കണം നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്ത നിങ്ങളുടെ വാക്കുകൾ നീക്കങ്ങൾ പ്രവൃത്തികൾ എന്നിവയെല്ലാം അവിടുന്ന് കാണുന്നു ദൈവം അവയെല്ലാം അപ്പോൾ തന്നെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നെന്ന ബോധ്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് നിങ്ങളെ ഉയർത്തണം സംസാരിക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ളവ നാവിലേക്ക് കടന്ന് പ്രകടിപ്പിക്കുന്നതിനു മുമ്പ് അതിനെ സൂക്ഷ്മമായി പരിശോധിക്കുക പലതും നിങ്ങളുടെ പുറത്തുവരാത്തതാണ് നല്ലതെന്ന് മനസ്സിലാകും പ്രകടിപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്ന പലതും നിശബ്ദതയുടെ കുഴിമാടത്തിൽ അടയ്ക്കപ്പെടുന്നതാവും കൂടുതൽ നല്ലത് ചിലപ്പോൾ സംസാരം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ഇക്കാര്യം ബോധ്യപ്പെടും നമ്മുടെ അദൃശ്യ പോരാട്ടത്തിൽ നിശബ്ദത ഒരു വലിയ ശക്തിയും വിജയം വരിക്കുന്നതിനുള്ള ഉറച്ച പ്രത്യാശയുമാണ് തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണപ്പെടുന്നവന് ഏറെ പ്രിയപ്പെട്ടതാണ് നിശബ്ദത അത് പരിശുദ്ധമായ പ്രാർത്ഥനയുടെ സംരക്ഷകനും പുണ്യങ്ങളുടെ അഭ്യാസത്തിനുള്ള സഹായിയുമാണ് ആത്മീയ ജ്ഞാനത്തിൻ്റെ അടയാളവുമാണ് വിശുദ്ധ ഇസ്ഹാക്ക് പറയുന്നു നാവിനെ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിലേക്ക് ഉയരാൻ സഹായിക്കുന്നു മാത്രമല്ല അതുവഴി ശരീരം കൊണ്ട് ദൃശ്യമായ പ്രവൃത്തികൾ ചെയ്യാൻ അദൃശ്യമായ ശക്തിയും നൽകുന്നു ബോധപൂർവം നിശബ്ദത അഭ്യസിച്ചാൽ അദൃശ്യമായ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തിയും പ്രകാശവും ലഭിക്കുന്നു അദ്ധ്യായം മുപ്പത്തൊന്ന് റഷ്യൻ പതിപ്പ് മറ്റൊരിടത്ത് അദ്ദേഹം നിശബ്ദതയെ ഇങ്ങനെയാണ് പ്രശംസിക്കുന്നത് തുലാസിൻ്റെ ഒരു തട്ടിൽ നിങ്ങൾ സന്യാസ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും മറ്റേ തട്ടിൽ നിശബ്ദതയും വെച്ചാൽ രണ്ടാമത്തതിന് ആദ്യത്തെതിനേക്കാൾ തൂക്കമുണ്ടെന്ന് കാണാനാവും നമുക്ക് ധാരാളം നല്ല ഉപദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഒരു വ്യക്തി നിശബ്ദത പുൽകിയാൽ ഉപദേശങ്ങളെ പിൻചൊല്ലുന്നത് കേവലം ഉപരിപ്ലവമാകും അധ്യായം നാൽപ്പത്തിയൊന്ന് മറ്റൊരിടത്ത് അദ്ദേഹം നിശബ്ദതയെ വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ രഹസ്യമായും സംസാരത്തെ ഈ ലോകത്തിൻ്റെ ഉപകരണമായും കണക്കാക്കുന്നു അദ്ധ്യായം നാൽപ്പത്തിരണ്ട് വിശുദ്ധ ബാസാൻ ഫ്യൂസ് നിശബ്ദതയെ വചനപ്രഘോഷണത്തെക്കാൾ ഉന്നതമായാണ് കണക്കാക്കുന്നത് അദ്ദേഹം പറയുന്നു നിങ്ങൾ ഇപ്പോൾ പ്രഘോഷണം തുടങ്ങാനിരിക്കുകയാണെങ്കിൽ അറിയുക നിശബ്ദതയാണ് കൂടുതൽ അത്ഭുതത്തിനും മഹത്വത്തിനും യോഗ്യം മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവരുണ്ട് അതുപോലെ സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനും ഉണ്ട് പ്രവാഷകൻ ഇരുപത് ആറ് വേറെ ചിലർ മറ്റു കാരണങ്ങൾ കൊണ്ടുമാകാം ചിലർ മാനുഷികമായ മഹത്വത്തിനും അല്ലെങ്കിൽ നിശബ്ദത എന്ന പുണ്യത്തോടുള്ള തീഷ്ണത കൊണ്ടും അല്ലെങ്കിൽ അവൻ ഹൃദയത്തിൽ ദൈവത്തോട് രഹസ്യമായി സംസാരിക്കുന്നതുകൊണ്ടും തൻ്റെ ശ്രദ്ധ അതിൽ നിന്നും വ്യതിചേലിപ്പിക്കാതിരിക്കുന്നതിനും ഇങ്ങനെ ചെയ്യാം വിശുദ്ധ ഇസ്ഹാക്ക് അദ്ധ്യായം എഴുപത്തിയാറ് പൊതുവായി പറഞ്ഞാൽ നിശബ്ദത പാലിക്കുന്നവൻ ബുദ്ധിമാനായും വിവേകിയായും കാണപ്പെടുന്നു പ്രഭാഷകൻ ഇരുപത് അഞ്ച് നിശബ്ദതയുടെ ശീലം കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും ഋജുവുമായ രീതി ഞാൻ പറഞ്ഞു അത് നിശബ്ദത പാലിക്കാൻ അഭ്യസിക്കുക എന്നതാണ് ഇപ്രകാരമുള്ള അഭ്യാസം മാത്രമാണ് ഇതെങ്ങനെ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നതും അഭ്യസിക്കാൻ സഹായിക്കുന്നതും വിവേചനമില്ലാതെ ചിലക്കുന്നതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും ബുദ്ധിപൂർവ്വമായ നിശബ്ദത കൊണ്ടുള്ള രക്ഷാകരമായ ഫലങ്ങളെക്കുറിച്ചും ഇടയ്ക്കിടെ ധ്യാനിക്കുന്നത് ഈ അഭ്യാസത്തിലുള്ള നിങ്ങളുടെ തീഷ്ണത നിലനിർത്താൻ സഹായിക്കും നിങ്ങൾക്ക് നിശബ്ദതയുടെ നല്ല ഫലം ആസ്വദിക്കാനായി തുടങ്ങിയാൽ പിന്നീട് നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള പാഠങ്ങൾ വേണ്ടിവരില്ല ർത്താക്കളുടെ ഇത്തരത്തിലുള്ള ആത്മീയവും പ്രചോദനാത്മകവുമായ പുസ്തകങ്ങളുടെ പേപ്പർ ബാക്ക് അല്ലെങ്കിൽ ഇൻ്റർ ഡിജിറ്റൽ എഡിഷൻ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡബ്ല്യൂ സന്ദർശിക്കുക